െ സനൽകുമാർ മള്ളുശ്ശേരി എഴുതിയ നാടകം ശബ്ദം നൽകുന്നവർ പള്ളിപ്പുറം ജയകുമാർ ജോസ്താന വിനോദിനി ബിന്ദു പള്ളിച്ചൽ രാധാമണി ഉടമലയ്ക്കൽ പാപ്പനങ്കോട് അന്നമ്മ ഡി മേഴ്സി അരൂർ ശ്രീദേവി രതീഷ് ജെ അയ്യ സംവിധാനം വേവൻ കൈമാപ്രമ്പൻ സംവിധാന സഹായം വി എൻ ദീപ എം നിസാമുദ്ദീൻ മഞ്ഞുപോലെ ലക്ഷ്മി ടീച്ചർ എന്താ ഇങ്ങനെ ശരവേഗത്തിൽ ടീച്ചർ എന്തായി പറയണേ ലക്ഷ്മി ടീച്ചർ ഇങ്ങനെ വേഗത്തിൽ പോവാൻ വേറെ കാരണം വേണോ ദേഷ മുന്നിൽ പിന്നെ ടീച്ചറിനും നോക്കി നിന്നാലേ ടീച്ചറെ കാത്തു സ്റ്റോപ്പിൽ നിൽക്കില്ല ലക്ഷ്മി ടീച്ചറേ ഞങ്ങളോട് കലകഴിച്ച സമയം കളേണ്ട ഹരിമാഷ് ബസ്സിൽ കയറുമ്പ് സ്റ്റാൻഡ് പിടിക്കാൻ നോക്ക് ശരി ശരി നിങ്ങളിങ്ങനെ അത് ഇത് നോക്കി മെല്ലവാ ഞാൻ ദേ ഇങ്ങനൊങ് ഓടിപ്പോ ഞങ്ങളെ കാക്കണ്ടേ ടീച്ചറും നടന്നോ എന്റെ ഹരി ഒന്നും മെല്ല നടക്കൂ ലക്ഷ്മി ടീച്ചർ ഇതുവരെ പോയില്ലേ ഇല്ല പോയില്ല ഞാൻ ഹരി ഇറങ്ങുന്നത് നോക്കി സ്റ്റാഫ് റൂമിലിരുന്നു പിന്നെ ഹരി എന്നെ ഇങ്ങനെ ലക്ഷ്മി ടീച്ചറെ അങ്ങനെ കേൾക്കുമ്പോ എനിക്ക് എന്തോ റിട്ടയർമെന്റ് മധുരമായി എന്തും കളിയ ക്ലാസ് റൂമിലും പുറത്തും എവിടെയും കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ ടീച്ചർ അത് ഓർക്കണം ഇത് സ്കൂളാണ് കുട്ടികൾ ശ്രദ്ധിക്കും ഒപ്പം ജോലി ചെയ്യുന്നവരുണ്ട് അവര് സമൂഹമുണ്ട് പുറത്ത് അവരെയും എന്റെ മാഷെ ഇതെന്താ ഇങ്ങനെ ഈ അച്ചടിച്ച പോലെ ഒരു വർത്തമാനം അത് പിന്നെ നിങ്ങൾ ജീവികളുടെ സ്റ്റൈലല്ലേ ഒരേ ഒരു ജീവിതം അതിങ്ങനെ എന്റെ മാഷേ ടീച്ചറെ നോക്കുന്നുണ്ട് ടീച്ചർ മുന്നോട്ട് നടന്നേ നോക്കട്ടെ മാഷെ അങ്ങനെ നോക്കട്ടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയും ചെറുപ്പക്കാരനും ഒരുമിച്ച് ഇങ്ങനെ പോകുന്നത് അത് കാണുന്നവർക്കൊരു സുഖമല്ലേ ோட அேர் நடந்தாலு கஷியம் வரும் விளிக்கும் எந்தி அதிகாரத்தில் விளச்சல்லோ நம்ம நம்ம நில முறக்கருது மாஷி மலையாள பிருதம் படிச்சதா சாரத்தில் ரமணன் ரச் ഞാൻ എന്റെ നിലപാട് പലപ്പോഴായി ഹരിയോട് പറഞ്ഞു കഴിഞ്ഞു ഞാൻ എനിക്ക് ഹരി ഇഷ്ടമാണ് വിവാഹം ചെയ്യാൻ പറഞ്ഞു എല്ലാവരും കേൾക്കട്ടെ ഞാൻ ഇക്കാര്യം പറമ്പ ഹരി തട്ടിക്കളിക്കും അല്ലെങ്കിൽ എന്തിന്റെ കുഴപ്പമാന്ന് എനിക്കിടയ്ക്ക് തോന്നും കെട്ടിച്ചേക്കാൻ എന്തെല്ലാം ഒരുക്കി വെച്ചാൽ എന്റെ അച്ഛൻ കാത്തിരിക്കുന്നതെന്ന് സൗന്ദര്യത്തിനാണെങ്കിൽ എന്റെ ഇതാണ് കോംപ്ലക്സ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ടീച്ചർക്ക് എന്തും പറയാം എനിക്ക് മറ്റൊന്നും പറയാനില്ല എനിക്ക് ഹരി ഇഷ്ടമാണെന്ന് മാത്രം അത് നടപ്പില്ലെന്ന് ഞാൻ എത്ര വട്ടം ടീച്ചറോട് പറഞ്ഞു കഴിഞ്ഞു വേണ്ട എന്തായാലും ഇപ്പൊ വേണ്ട ബസ്റ്റോപ്പിൽ ഇതേ നിറയെ ആളുകളുണ്ട് പിന്നെ ഈ സമയത്ത് എന്തായാലും വേണ്ട പ്രണയിച്ചു തുടങ്ങാൻ പറ്റിയ സമയമല്ലത്ഷർ കൂട്ടണ്ട തൽക്കാലം ഞാൻ പോകാം പക്ഷേ എനിക്കുള്ള മറുപടി നാളെ വേണം കവിത പോലൊരു കത്തായാലും തിരക്കേടില്ല മാഷേ ബസ്സിൽ ഞാൻ ടിക്കറ്റ് എടുക്കില്ല ഹരി എന്റെ കൂടെ എടുക്കണം അങ്ങനെയല്ല വേണ്ടേ അവൾ ഇന്നും എന്റെ പിന്നാലെ കൂടി ഹരി നീ എന്താടാ ഞാനൊരുത്തനങ്ങനെ പെണ്ണൊന്ന് പ്രണയിക്കാന് കണ്ണിലെ ഒഴിച്ച് കാത്തു നടക്കുന്നു ഇവിടെ ഒരു വേണു നിനക്കെല്ലാം കളിയാ ഞാൻ ഇനി പറഞ്ഞിട്ട് വേണോ എന്റെ കാര്യം നിനക്കറിയാൻ അമ്മയുടെ അസുഖം ഒരു വഴി ജോലി ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനു മുമ്പ് പ്രണയവും വിവാഹവും ഒന്നും എനിക്കങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയാത്ത അവസ്ഥ കൊറച്ചു കൊഴപ്പം നിന്റെയും കൂടിയാ പുഴ വറ്റയും പോയി തൊടൽ പോയാ കടി മറ്റീ തന്നെ ആ അങ്ങനെ സംഭവിക്കാനുള്ള കാര്യങ്ങള് മുൻകൂട്ടി കണ്ടു സ്വപ്നജീവി ആയതിന്റെ അതൊന്നും അല്ല വേണു കമ്പനി നടത്തിയ അച്ഛൻ കൊണ്ടുവന്ന ബാധ്യതകൾ ഓരോന്നായി തീരുന്നതേ ഉള്ളൂ അതിനിടെ ചികിത്സയും അവിടെ നിൽക്കട്ടെ ഹരി നിനക്ക് ലക്ഷ്മിയോട് ഇഷ്ടമുണ്ടോ നിന്നോടാ ചോദിച്ചേ നിനക്ക് അവിടെ ഇഷ്ടമുണ്ടോന്ന് അത് അങ്ങനെ ചോദിച്ചാൽ അവളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണവുമില്ല എന്നാൽ ഒന്നും ചെയ്യാനും കഴിയില്ല ഇപ്പോൾ ഒന്നും നടക്കില്ല കൊറേ വർഷങ്ങൾ കൂടി എനിക്ക് വേണ്ടി അല്ലാതെ അമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടി ജീവിക്കണം പിന്നെ വരുമ്പോലെ വരട്ടെ ഇപ്പൊ എന്തായാലും ശരി എനിക്ക് മറ്റൊരു തീരുമാനമില്ല അത് അപകടമാണ് അവളൊരു പാവ വേണ്ട എന്തെങ്കിലും ഒരു സൂചന എന്നിൽ നിന്നും വീണാൽ പിന്നെ അവൾ കാത്തിരിക്കും വർഷങ്ങൾ അതെനിക്ക് പേടിയാണ് സുഖകരമായ ഒരു ജീവിതം ലഭിക്കുന്ന പെൺകുട്ടിയാണവൾ ഒന്നിനും കുഴപ്പമില്ല ഏഹ് ഇല്ല അത് ഞാനായിട്ട് നശിപ്പിക്കില്ല ടീച്ചറും അറിയുമല്ലോ അല്ല ഹരിമാഷേ മാഷ് കൊടുത്തിരുന്നോ ഞാനേ ഡി ഡി ഓഫീസിൽ പോയപ്പോ നമ്മുടെ പീണായിട്ട് വന്ന ആ പയ്യനില്ലേ ജോൺ അവനെ കണ്ടു അവനിപ്പം ഡി ഡി ഓഫീസിൽ ക്ലർക്കാ മാഷ് ട്രാൻസ്ഫറിനെ അപേക്ഷിച്ചിട്ടുണ്ടെന്നും അല്ല മാഷിൻ എന്തില്ല കേടാ മിനിമം വണ്ടിക്കൂലിക്ക് വീട്ടിലെത്താവുന്ന ഇവിടെ നിന്നും ആരും പോവത്ത കാട്ടുമുക്കിലേക്ക് ട്രാൻസ്ഫർ ചോദിച്ചിരിക്കുന്നു അതും സർക്കാർ സ്കൂളല്ലേ കുട്ടികൾ തന്നെ മാഷെ എന്നോട് പണം കണ്ട ഞാനൊരു ലോകകാര്യം പറഞ്ഞു വന്നേയുള്ളൂ പിന്നെ ലക്ഷ്മി ടീച്ചറിന്റെ അപേക്ഷയാണെങ്കിൽ കണ്ടുമില്ല ഹരിമാഷെ ഒരു നിമിഷം ഒന്ന് പുറത്തേക്ക് വരുമോ എന്തിനാ ലക്ഷ്മി ടീച്ചറെ ഒരു മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വരൂ ഞാൻ ലൈബ്രറിയിൽ ഉണ്ടാവും ഹരി ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു എന്റെ ശല്യം കാരണമായിരിക്കുമല്ലേ അല്ല എനിക്കങ്ങനെ തോന്നി മലയോരത്തെ സ്കൂളിലേക്കാണ് ഇനി പോകേണ്ടത് ആരും അവിടെ പോകാൻ തയ്യാറാവുന്നില്ല അവിടെയും പഠിക്കുന്നത് കുട്ടികൾ തന്നെയാണല്ലോ എന്റെ സൗകര്യം മാത്രം നോക്കിയാൽ പോരെന്ന് തോന്നി പ്രതിബദ്ധത പരിഹസിക്കാണോ ഒരിക്കലുമല്ല ഹരിയുടെ പ്രതിബദ്ധതയിൽ അഭിമാനം തോന്നുന്നു ലക്ഷ്മി ടീച്ചർ കരുതുന്നത് പോലെയല്ല വേണ്ട ഹരി ഇനി ചെറുതാവരുത് പ്രത്യേകിച്ച് എന്റെ മുന്നിൽ എനിക്കതിഷ്ടമല്ല എനിക്ക് ലക്ഷ്മി ടീച്ചറിനോട് അതിന്റെ വ്യക്തിപരമായ കാരണങ്ങൾ പറയണമെന്ന് തോന്നുന്നില്ല എനിക്കും തോന്നുന്നില്ല ഹരി വ്യക്തിപരമായ കാര്യം പറയണമെന്ന് പക്ഷെ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് കരുതരുത് ഞാനും അപേക്ഷിക്കും അതേ സ്കൂളിൽ അവിടെ പഠിക്കുന്നതും കുട്ടികളല്ലേ നമുക്കും പ്രതിബദ്ധത വേണ്ടേ അത് ടീച്ചറുടെ ഇഷ്ടം ഞാൻ തീരുമാനമെടുത്തു എന്ന് മാത്രം എന്നെ പേടിച്ചു മാഷിൻ്റെ ഒളിക്കാൻ ഈ ഭൂമിയിൽ ഇടപോരാതെ വരും ഭീഷണിപ്പെടുത്തും പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ത് ഭീഷണി സത്യമല്ല ഞാൻ പറഞ്ഞത് എന്റെ സ്വഭാവമാണ് വാഷ ഇത് ഇഷ്ടപ്പെട്ടത് കയ്യിൽ കിട്ടും വരെ ഞാനിങ്ങനെ കുട്ടിയെ പോലെ അലയും കരഞ്ഞും പരിഭവിച്ചും ഞാനത് നേടും ഇതെന്റെ കുഞ്ഞുകാല മുതല ലക്ഷ്മി എന്താ എന്നെ പറ്റി കരുതിയത് പോലെയോ കുപ്പിവള പോലെയോ വാശി പിടിച്ച് സ്വന്തമാക്കാവുന്ന ഒന്നാണോ ഞാൻ പണത്തിന്റെ പെരുമയിൽ വളർന്നതിന്റെ ദോഷമാണ് ഇഷ്ടപ്പെട്ടതെല്ലാം കിട്ടി വളർന്നതിന്റെ അഹങ്കാരം പക്ഷേ പണവും ഇത്തരം അഹങ്കാരവും തോൽക്കുന്ന ചിലയിടങ്ങളും ജീവിതത്തിലുണ്ട് അത് ഓർക്കുന്നത് നന്നായിരിക്കും പിടിച്ചെടുക്കാൻ എനിക്ക് കഴിയില്ലെന്ന് നന്നായി അറിയാം പക്ഷെ എനിക്ക് ശ്രമിക്കാമല്ലോ അങ്ങനെയെങ്കിലും എനിക്കെന്റെ അഹങ്കാരത്തെ അടക്കാമല്ലോ ഹരി നോക്കിക്കോ വിജയ എന്റേതായിരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷെ ഞാൻ ഹരിയുടെ പിന്നാലെ തന്നെ ഉണ്ടാകും മറച്ചുള്ള ജീവിതം എനിക്കില്ല പൈങ്കിളി കഥയിലെ നായിക അല്ല ഞാൻ പക്ഷെ എനിക്ക് എനിക്കും ജയിക്കണ്ടേ ഞാൻ എന്ത് തെറ്റ് ചെയ്തുവെന്ന് എനിക്കറിയണ്ടേ സ്നേഹിക്കുന്ന ഒരു കുറ്റമാണോ എങ്കിൽ എന്നെ ഒന്ന് തൂക്കിക്കൊല്ലട്ടെ ഞാൻ പറയട്ടെ നിന്റെ വാശിയാണിതെല്ലാം അതിന് നിന്നു തരാൻ എനിക്കാവില്ല കൈമോശം വന്ന കളിപ്പാട്ടം കിട്ടാൻ കുട്ടിയുടെ കരച്ചിൽ പോലെ കഥ പോലെ അല്ല ജീവിതം അത് നീ മനസ്സിലാക്കെ ഉപദേശത്തിന് നന്ദി നമുക്കിനിയും കാണാം ഇപ്പൊ ഞാൻ പോട്ടെ സ്കൂളിലെ അന്തരീക്ഷം എങ്ങനെയുണ്ട് മലയോര ഗ്രാമമാണെങ്കിലും നല്ല അച്ചടക്കമുള്ള വിദ്യാർത്ഥികളാണ് നിന്നോട് പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചതാ ഹരി നീ പലപ്പോഴും ഒരു ഭീരുവാകുന്നവർ തോന്നുന്നു എന്റെ നന്മയും വൈകല്യങ്ങളും നന്നായി അറിയുന്ന നിനക്ക് എങ്ങനെയും എന്നെ വിലയിരുത്താം നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല നിന്റെ മനസ്സെനിക്കറിയാം നഷ്ടപ്പെടുന്നവരുടെ വേദനയും അവൾ നിന്നെ പിന്നെ കണ്ടിരുന്നോ അപ്പം അതേപോലെ തന്നെ അവളുടെ രീതിയിൽ ഒരു മാറ്റവും ഇല്ല കുസൃതിയും ചിരിയുമായി ഞാൻ അവളുടെ മുമ്പിലെത്തുമ്പോൾ ചെറുതാവുന്നത് പോലെ ചിലപ്പോൾ തോന്നും എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞാലോ എന്ന് പിന്നെ പ്രശ്നങ്ങൾ ഓരോന്ന് ആലോചിക്കുമ്പോൾ അതിന് വയ്യാതെ ഹരി എനിക്ക് ലക്ഷ്മിയെ മനസ്സിലാകുന്നതേയില്ല അറിവും നന്മയും എല്ലാമുള്ള അവൾ എന്താ ഇങ്ങനെയെന്ന് സ്കൂളിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എന്തായിരുന്നു വേണു എന്നെ അമ്പരപ്പിക്കുന്ന കാര്യമാണത് അവളെ ഇഷ്ടമില്ലാത്ത ആരും ആ സ്കൂളിലില്ലായിരുന്നു പഠിപ്പിക്കുന്നതിലും മിടുക്കി കാര്യപ്രാപ്തിയുമുണ്ട് പക്ഷെ എന്നിട്ടും തീരുമാനം നിറേതു മാത്രമായിരിക്കും അതെന്തായാലും ഹലോ ആ ഹരിയാണ് ഹലോ ആരാന്ന് മനസ്സിലായോ ആ ലക്ഷ്മി ടീച്ചറല്ലേ അപ്പോ ശബ്ദം കേട്ടാ തിരിച്ചറി ആ ടീച്ചർ ഞാൻ ബൈക്കിലാണ് ആ നഗരത്തിൽ ഹരി ഞാൻ കണ്ടിട്ടുള്ള ബൈക്കിനെല്ലാം ഉണ്ട് ശരി ശരി ആ ഒരു നിമിഷ എന്താ ഫോൺ വിളിച്ചത് ഹരി ഇതുവരെ പക്ഷേ കള്ളന അല്ലെങ്കിൽ നമ്പർ ഇങ്ങനെ രഹസ്യമായി സൂക്ഷിക്കില്ലല്ലോ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനില്ലേ വേണു അയാളെ വിളിച്ചിരുന്നു പക്ഷേ നമ്പർ ചോദിച്ചിട്ട് തന്നില്ല പിന്നെ എന്ത് ചെയ്തെന്നറിയാവോ ഹരിയുടെ വീട്ടിൽ വിളിച്ചു ം പറഞ്ഞു കഴിഞ്ഞു എന്നിട്ടും എന്തിനാണ് എന്നോടിങ്ങനെ ചുമ്മാ കോളേജ് മട്ടിൽ പ്രണയവും ഫോണും ഒച്ചു വർത്താനവും എനിക്കിത് മടുത്തു അത്രേയുള്ളൂ എനിക്കെന്ത്ശേഷം സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു അത്ര തന്നെ ടീച്ചറേ നേരം പോക്കിന് സമയമില്ല അമ്മയുടെ മരുന്ന് വാങ്ങാൻ ഇറങ്ങിയതാണ് ഹരിക്ക് സമയമില്ലല്ലേ അമ്മക്ക് ആ അങ്ങനെ തന്നെ മരുന്നും വേദനയും എല്ലാമായി ഞാനൊന്നും വന്ന് കണ്ടാലോ ഇപ്പോ വേണ്ട പിന്നെ എപ്പോഴെങ്കിലും ആകാം ഞാൻ കാത്തിരിക്കണമെന്നാണോ ഞാൻ റെഡി ലക്ഷ്മി നിങ്ങളോട് ഇനിയൊന്നും എനിക്ക് പറയാനില്ല എന്റെ ഫോണിലേക്ക് ദേവി ഇത് വിളിക്കരുത് വിളിക്കും വിളിക്കും മരിക്കുന്നത് വിളിക്കും ഹരിയെ കൊണ്ടെന്നെ വിളിപ്പിക്കും ഹലോ ഹലോ ഞാനിങ്ങനെ കാശു മുടക്കി വാങ്ങിവെക്കുന്നു അമ്മ അത് കഴിക്കാതെ എന്തിനാ മോനെ ഇങ്ങനെ മരുന്ന് വാങ്ങി കൂട്ടുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ ദ്രവിച്ചു വരുന്നു അതിനെ മരുന്ന് കൊണ്ട് തടയിടാനാവുമോ ഇല്ലെന്ന് എനിക്ക് നന്നായി അറിയാം പിന്നെ എന്തിനാ എന്റെ അമ്മെ അതിനെന്തിനാ ഹരി നീ ഇങ്ങനെ ബേജാറാകുന്നത് നിനക്ക് എന്ത് തീരുമാനവും എടുക്കാവുന്നതല്ലേ ഉള്ളൂ ഫോണിൽ സംസാരിച്ചതേ ഉള്ളൂ എങ്കിലും നല്ല കുട്ടിയാണെന്ന് തോന്നുന്നു കഴിയുമെങ്കിൽ എന്റെ കണ്ണടയ്ക്ക് മുമ്പ് നമുക്കത് അമ്മ കരുതും പോലെ എനിക്ക് ആ കുട്ടിയുമായിട്ടൊന്നുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കല്യാണത്തെ കുറിച്ചൊന്നും ആലോചിക്കാനും കഴിയില്ല കടങ്ങളുടെ കൂടെ തീർന്നു വരുന്നതേയുള്ളൂ അതിനിടയിൽ കല്യാണവും കളവാണവും അത് പോട്ടെ അമ്മ ചോറെടുക്ക് അല്ല മോനെ ഇനി അതൊന്നും ഒന്ന് അമ്മയൊന്നും ചുമ്മാതിരിക്കുന്നുണ്ടോ കട്ടിൽ നിന്ന് എണീക്കാൻ പോലും മേലാതായി തുടങ്ങി അതിനിടയിൽ ആ പെണ് കാണാൻ പോണേ അമ്മ എന്തിനാ എന്റെ ഫോൺ നമ്പർ അവർക്ക് കൊടുത്തേ വീടിന്റെ ആധാരം ചോദിച്ചെങ്കിൽ അമ്മ അതും കൊടുക്കുമായിരുന്നോ അമ്മയെ വിഷമിപ്പിക്കാൻ അങ്ങനെ ഒരു വല്ലാത്ത മനസ്സിലാണ് ഞാനിപ്പോ എനിക്കും പല ആഗ്രഹങ്ങളുമുണ്ട് പക്ഷെ ഇന്നത്തെ നിലപാട് അതിന് പറ്റിയതല്ല ഇനി ആ പെൺകുട്ടി ഫോണിൽ വിളിച്ച് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ലേ അമ്മേ അമ്മ ഇങ്ങനെ കരയാതെ ഇതേ അമ്മേ ചോറെടുക്ക നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഹലോ ഹലോ ഹരി സാറിന്റെ വീടല്ലേ അതെ സാറിൻ്റെ ഹരി ഉറങ്ങാണല്ലോ ആരാണ് ഞാൻ ഹരിമാഷിന്റെ കൂടെ പഠിപ്പിക്കുന്ന ലക്ഷ്മി ടീച്ചറിന്റെ കൂട്ടുകാരിയാണ് ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് ഞാനൊരു കാര്യം ഹരിസാറിനോട് പറയാൻ വിളിച്ചതാ എന്ത് കാര്യം കിടന്നേ അമ്മ ഹരിസാറിനോട് പറഞ്ഞാൽ മതി ലക്ഷ്മി ടീച്ചർ ബസ് മറിഞ്ഞുണ്ടായി അപകടത്തിൽ മരിച്ചു എന്ന് ഞങ്ങൾക്ക് ശരിക്കും വിവരം കിട്ടിയിട്ടില്ല ലക്ഷ്മി ടീച്ചർ മരിച്ചു എന്ന് മാത്രമേ അറിയൂ കുട്ടിയുടെ കൂടെ ിൽ താമസിക്കുന്ന കുട്ടിയാ വിളിച്ച് അമ്മയൊരു കാര്യം ചെയ്യ എന്റെ ഷട്ടി വേണുവിനെ കൂടി ചെയ്യാം ഏത് നമ്പറിൽ വിളിച്ചേ ഒന്നും അറിയില്ലല്ലോ ഇന്നിപ്പോ അവധിയാ സ്കൂളിലും ആരും കാണില്ല സ്കൂളിന്റെ അടുത്ത് അവര് താമസിച്ചിരുന്ന ഹോസ്റ്റല് അവിടെ പോയി നോക്കാം വേഗം പോയി നോക്കുമ്പോ ഒന്നും സത്യമായില്ലേ ഭഗവാന് എട ഹരി നീ ബൈക്കൊന്ന് പതിയോ ഓടിക്കു എന്തൊരു സ്പീഡായത് പിന്നീട് സ്വിച്ച് ഓഫായി അപകട സ്ഥലത്ത് വേണു എനിക്കെന്തോ അല്ലാതെ എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ വേണു ശരിക്കും എനിക്കിപ്പോൾ നഷ്ടബോധം തോന്നുന്നു അവളെ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നു വേണു നീ നീ വിഷമിക്കല്ലേ ജീവിതത്തിന്റെ ചില അവസ്ഥകൾ മാത്രമല്ലേ ഇത് ദേ ആ വളവ് തിരിഞ്ഞ് വലതു അവരുടെ ഹോസ്റ്റലാണ് ആ വേണു നീ നോക്കിക്കേ ഇവിടെ സാധാരണ പോലെ ഹരി ഇനി ഇവിടെയുള്ള ഒരു അപകടത്തിന്റെ കാര്യം വരുമോ എന്താ ഈ പറയണേ ഹോസ്റ്റലിൽ നിന്ന് ലക്ഷ്മിയുടെ സുഹൃത്ത് വിളിച്ചു പറഞ്ഞു എന്നല്ലേ അമ്മ പറഞ്ഞത് പക്ഷേ ഇങ്ങനെ ഒരു അപകടം നടന്നതിന്റെ ഒരു ലക്ഷണം കാണുന്നില്ലല്ലോ ആ നീ വാ എന്തായാലും നമുക്ക് ഗുഡ് മോർണിംഗ് മാഡം എന്റെ പേര് ഹരി മലബാരം സ്കൂളിലെ അധ്യാപകനാണ് എനിക്കൊപ്പം ഇവിടെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചർക്ക് സുഖമില്ലെന്ന് അറിഞ്ഞു വന്നതാണ് ഇവിടെ ആർക്കും അസുഖമുള്ളതായി എനിക്കറിയില്ല എന്ത്ണല്ലോ നിങ്ങൾ പോയി ലക്ഷ്മി ടീച്ചറുടെ മുറിയിൽ നോക്കൂ എന്നിട്ട് അവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയൂ ടീച്ചറല്ലേ പുറത്തുനിൽക്കുന്നത് രക്ഷപ്പെട്ടു എന്റെ ജീവൻ പോയ പോലായി െ പറ്റി എന്ത് വിചാരിച്ചു നിനക്ക് കളിപ്പിക്കാൻ പറ്റിയ കളിപ്പാട്ടമാണെന്നോ നീ അല്ലേ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞത് കളിപ്പിക്കാൻ ഞാനെന്താ കുരങ്ങനാണോ മാഷല്ലേ പറഞ്ഞേ എന്നെ വിളിക്കില്ലെന്നും തിരക്കില്ലെന്നും മോഷണ കൊണ്ടെന്നെ വിളിപ്പിക്കണമെന്നും തിരക്കണമെന്നും തോന്നി എന്നോടുള്ള ഇഷ്ടമുണ്ടല്ലേ അന്വേഷിച്ചു വന്നേ അഹങ്കാരത്തിന് എന്താ ഇവിടെ എന്താ ലക്ഷ്മി ഒന്നുമില്ല മേട്രൻ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ സ്നേഹിക്കുന്ന ആൾ എന്നെ ശിക്ഷിച്ചത് നിന്നെ ഒരിക്കലും സ്നേഹിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ നിന്നെ വെറുക്കുന്നു അത്രയ്ക്ക് നീചയാണ് നീ ഹരി വെറുതെ അവളെ ലക്ഷ്മി എന്താ മോളെ ഇതെല്ലാം നിന കൈന്ന് ഇങ്ങനെയെല്ലാം എനിക്ക് വിശ്വസിക്കാനാവണില്ല മാറ്റൻ മാഡത്തിനോട് ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുന്നു അവൾ കരയട്ടെ കരഞ്ഞ് കരഞ്ഞ് അവളുടെ അഹങ്കാരം അലിഞ്ഞലിഞ്ഞ് തീരട്ടെ വേണോ ആ വണ്ടിയെടുക്ക ഞാൻ പോവാലെ എന്ത് പറ്റിയടാ നീ പത്രവാർത്ത വായിച്ചു നോക്ക് വിനോദയാത്രക്ക് പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അധ്യാപികയും രണ്ട് വിദ്യാർത്ഥികളും മരിച്ചു വേണോ നീ നോക്കിക്കേ ലക്ഷ്മിയുടെ ചിത്രമല്ലേ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലട എല്ലാ പത്രവും ഞാൻ നോക്കി സ്കൂളിൽ വിളിച്ചു ചാലനകളിൽ വന്നതും കണ്ടു ലക്ഷ്മിയുടെ സ്കൂളിൽ നിന്നും ടൂറ് പോയ ബസ് കൊടയക്കനാലിൽ കൊക്കയിലേക്ക് മറിഞ്ഞതാണ് അവൾ പറഞ്ഞതും ിയതും സംഭവിച്ചതും ഓ ഈശ്വരാ എന്തായത് ഇങ്ങനെയോ വേണോ എനിക്കെന്തോ അല്ലായ്മ പോലെ ഞാൻ എവിടെ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം ആരെയാണ് വിശ്വസിക്കേണ്ടത് വേണമോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല യ്യ അവൾ ആരായിരുന്നു എന്തായിരുന്നു അവൾ എന്റെ ആരായിരുന്നു മഞ്ഞുപോലെ ാടകം സമാപിക്കുന്നു രജന സനൽകുമാർ മള്ളുശ്ശേരി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഹരി പള്ളിപ്പുറം ജയകുമാർ വേണു ജോസ്താന ലക്ഷ്മി വിനോദിനി ഹരിയുടെ അമ്മ പാപ്പനങ്കോടന്നമ്മ മേട്രൻ ഡി മേഴ്സി വത്സ ടീച്ചർ രാധാമണി ഉടമലയ്ക്കൽ മറ്റൊരധ്യാപിക ബിന്ദു പള്ളിച്ചൽ ലക്ഷ്മിയുടെ കൂട്ടുകാരി അരു ശ്രീദേവി ഹോസ്റ്റൽ വാച്ച്മാൻ രതീഷ് ജെ അയ്യർ സംവിധാനം ബേബൻ കൈമാപ്രമ്പൻ സംവിധാന സഹായം വി എൻ ദീപ എം നിസാമുദി